Thank you. ശ്രീ സത്യ നമുക്ക് തോവാനുമായി ജീവന്തി അഭിപ്രായത്തിന്റെ സീസൺ എന്ന് പറയുന്ന ശ്രുതിയുടെ അർത്ഥത്തെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് ഒരു സ്വന്തം ശൈലിയിലാണ് പറയുന്നത് പറയുന്നവരല്ല ഈ രീതിയിൽ തന്നെയാണ് ഈ മുഴുവൻ വാശിഷ്ടം ഇങ്ങനെ തന്നെയാണ് യഥ സർവാണി ഭൂതാണി പ്രതിഭാഗി ഏതാണോ യസ്മിൻ ഏതെന്തിനാണോ സർവഭൂതങ്ങളും സർവവസ്തുക്കളും ഭൂത സർവവസ്തുക്കളും പ്രതിഭാഗം അനുഭവപ്പെടുന്നത് എന്നാണ് അവിടെ പറയുമ്പോൾ ഏതൊക്കെ നാണോ എല്ലാം ഉണ്ടായതെന്ന് ഉണ്ടാകുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല ീ പ്രത്യേകിച്ച് ഉത്പത്തി പ്രകരണം അവിടെ ഉണ്ടാകുന്നതിനെ കുറിച്ചെല്ലാം പറയും പക്ഷെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാകില്ലെന്ന് പറയുന്നൊരു കാര്യമേയില്ല സൃഷ്ടി പിന്നെന്താ സംഭവിക്കുന്നത് ഒരു അനുഭവം മാത്രം സൃഷ്ടിയുടെ അനുഭവം പ്രതീതമാകും പ്രകടമാകും അതിനുള്ള പ്രതിഭാനം എന്ന് പറയും അതെ പറയും അല്ല പ്രപഞ്ച സൃഷ്ടി അങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിദേശ മണ്ഡലത്തിനും വരും എല്ലാത്തിനും ആധാരമായിരിക്കും അറിവാണ് പ്രപഞ്ചം നാനാരൂപത്തിൽ നാമരൂപാത്മകമായിട്ടല്ല ഒരുവനറിയും ഞാനറിയും പ്രപഞ്ചത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അതിന്റെ നിലനിൽപ്പം എന്ന് പറയുന്നത് എന്റെ അറിവിനെ ആശ്രയിച്ചേ ഞാൻ അറിയുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ട് ഞാൻ അറിയില്ലെങ്കിൽ ഇതിൻ്റെ ഉപസം ഇല്ല മനസ്സിലാക്കാൻ പ്രയാസമാണ് സ്വപ്നത്തെ മനസ്സിലായാ സ്വപ്നം ഞാൻ അറിയുമ്പോൾ അറിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അറിയില്ല സ്വപ്നത്തിൽ ഇത് സ്വപ്ന സദൃശമാണെന്നും സ്വപ്നമാണെന്ന് രണ്ടും പറയും സ്വപ്ന തുല്യമാണെന്ന് മനസ്സിലായാൽ ആ പറയുന്ന മനസ്സിലായാൽ ഈ പ്രപഞ്ചാനുഭവം സ്വപ്നമാണെന്ന് മനസ്സിലാക്കാം പക്ഷെ ആദ്യം അത് മനസ്സിലാക്കാം ഈ പറയുന്നത് അങ്ങനെ അറിവിൽ ആണ് പ്രപഞ്ചം പ്രതിഭാതി എന്ന് പറയുന്നത് കേട്ടാലങ്ങോട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് ഒരു ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാവും അതിനാണ് സ്വപ്നം പറയും അതിൻ്റെ വരുന്ന ഭാഗങ്ങൾ പറയും സ്വപ്നത്തെ പറയും മരും മരീചിക്കും എല്ലാം പറയും ഇത് നമ്മളൊരിക്കൽ ചർച്ച ചെയ്ത ദൃഷ്ടി സൃഷ്ടി വനുസരിച്ച് പ്രപഞ്ചം എന്ന് പറയുന്നത് അറിവിൽ ഉള്ള ഒരു പ്രതിഭാനം ഒരു ഭാനം മാത്രം അത് അറിയുന്ന സമയത്തേ ഉള്ളൂ അതാണ് എൻ്റെ പ്രത്യേകത ഭാനം മാത്രമാണെന്ന് പറഞ്ഞപ്പോ ഭാനമാണെങ്കിൽ അറിയുന്ന സമയത്തുള്ളൂ അറിയാത്ത സമയത്തില്ല സ്വപ്നം അറിയാത്ത സമയത്തില്ല അപ്പോൾ ജാഗ്രതയെയും സ്വപ്നം പോലെ മനസ്സിലാക്കുക എന്നാണ് ചുരുക്കം പറയുന്നത് ഇതിനപ്പുറം സൃഷ്ടി സൃഷ്ടികർത്താവ് പരിണാമം ഇങ്ങനെയുള്ള സർവ്വകാര്യങ്ങളെ എന്നാൽ ഈ ഭാനത്തിനകത്തല്ലാത്തിനും അപ്പോ ഭാനരൂപത്തിൽ ഏത് സൃഷ്ടിയെ സംബന്ധിച്ചിട്ടേ പ്രക്രിയ ഒരാൾ പറയണത് പ്രപഞ്ചം പരിണമിച്ച് വന്നു കുഴപ്പമില്ല എന്നു നമ്മളെ അനുഭവത്തിൽ പ്രപഞ്ചത്തെ പരിണമിക്കുന്നതായി അറിയാൻ കഴിയുന്നുണ്ടെന്നും കുഴപ്പമില്ല അതിനെ ഉപയോഗിക്കാം പക്ഷെ അവർ കേവലം അറിവിനെ ആശ്രയിച്ചിരിക്കുന്നതും അറിവ് എപ്പോഴാണോ അറിവില്ലാതാവുന്നത് പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതില്ലാതാവുമ്പോൾ പ്രപഞ്ചം ഉപശമിക്കുന്നതുമാണ് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഇത് അനുഭവത്തെ മുൻനിർത്തി എന്ന് പറയുന്നതാണ് ശ്രുതി എന്നുകൂടെ പറയുന്നില്ല ഒരിടത്തും പറയുന്നില്ല ശ്രുതി ആണ് പറയുന്നത് ശ്രുതി എന്തുകൊണ്ട് പറയുന്നില്ല കാരണം ശ്രുതിയുടെ തൻ്റെതായ ഒരു ശരീരം Him, well, so െ വിശദീകരിക്കുകയാണെങ്കിൽ ജന്മാദ്യസ്യഥം പറയുന്ന അവിടെ പിന്നെ ഒരു സൃഷ്ടി കർത്താവായിട്ട് ഈശ്വരനുണ്ട് എന്ന് പറയാം അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ഒരു ഈശ്വരനുണ്ട് അവിടെ ഇവിടെയാണെങ്കിലും ഈശ്വരനെ സ്വീകരിക്കുന്നതിലും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ എന്തായിരിക്കും അത് ഭാനമായിരിക്കും പ്രപഞ്ചത്തെ അറിയുന്നു പ്രപഞ്ചത്തെ ചിന്തിക്കുന്നു പ്രപഞ്ചത്തിന്റെ പേരിൽ ഒരു ശിക്ഷകർത്താവിനെ കർമ്മിക്കുന്നു ആകാം പക്ഷേ ഭാനം ഈ ഭാഗം ഈ സർവം ഇതാണ് വാസ്തവത്തിന്റേത് ഈ ഒരു ഇദ്ദേഹത്തിൽ നീതി തന്നെ ആലോചിച്ചുകൊണ്ടേ ഞങ്ങൾക്ക് ബോളടിച്ചുണ്ടെങ്കിൽ ബാക്കി മൂന്നേ പറയണം ഇത് ഞാൻ ർശനങ്ങളിൽ അദ്വൈതം ഇത് അദ്വൈതമാണ് ഷഡ് ദർശനങ്ങൾ ഇവിടെ എന്റെ അദ്വൈതം ഇത് റിഫൈൻഡ് അദ്വൈതം ഏ വ്യക്തിയുടെ ബോധമാണ് വ്യക്തിയുടെ ബോധമേ ഉള്ളൂ ബോധം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ഇല്ലേ വ്യക്തിയുടെ ബോധം അല്ല വരെ വിടെ ബോധം വ്യക്തിയുടെ ബോധമേ ഉള്ളൂ ഒരു പക്ഷേ നമ്മൾ എന്റെ ബോധവും അന്യന്റെ ബോധവും രണ്ടോ അത് ഓരോരുത്തർക്കും പറയാൻ എനിക്ക് പറയാൻ പറ്റും എന്റെ ബോധമുണ്ടോ ഞാൻ എന്റെ ബോധത്തെ പ്രപഞ്ചത്തെ അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ബോധം കടമെടുത്ത് എനിക്ക് അറിയാൻ പറ്റില്ല എന്റെ ബോധത്തിൽ ഞാൻ പ്രപഞ്ചത്തെ അറിയുമ്പോൾ എന്റെ ബോധത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ ബോധങ്ങളെല്ലാം നിങ്ങളെ നിങ്ങളുടെ ബോധമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബോധം ഇങ്ങോട്ട് എടുത്തിട്ട് പ്രപഞ്ചത്തെ അറിയാൻ പറ്റും ഇല്ല നിങ്ങളെ പഠിപ്പിക്കുന്നു ധരിക്കുന്നു പക്ഷെ എന്താണ് ഈ പഠിപ്പീലെന്ന് പറയുന്നത് ബോധത്തിന്റെ സൃഷ്ടിയാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നു അവന്റെ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ചിന്തിക്കുന്നത് വേറെ ബോധത്തെ ആരംഭിക്കണം കൊടുക്കാൻ പറ്റില്ല അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നതിനാണ് അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു ഇതിനകത്ത് നമുക്ക് ഏതിനാണെങ്കിലും സമർത്ഥിക്കാം ഏതിനും നിഷേധിക്കാം എന്റെ ബോധത്തിന്റെ ഇപ്പ എന്റെ മുമ്പിടിക്കുന്ന പുസ്തകം ഇത് എന്റെ ബോധത്തിന്റെ ഒരു ഭാനം ബോധത്തിൻ്റെ ഒരു പ്രതീതിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം അതങ്ങനെ പറയാൻ പറ്റും ഞാനിപ്പോ ഇതിനിടയ്ക്കൊന്നും ഉറങ്ങിപ്പോയി എന്റെ ബോധത്തിന് ഭാനമില്ല അപ്പോ നിങ്ങള് കാണുന്നുണ്ടല്ലോ അപ്പോ ഇതെങ്ങനെ എന്റെ ബോധത്തിന്റെ ഭാനമാകും പുസ്തകം ഞാനൊരാൾ ഉറങ്ങിയവിടെയിരിക്കുന്ന ഇത്രയും പേരുടെ ഭാനത്തിൽ പുസ്തകമുണ്ടെന്നും അങ്ങനെയുള്ള തർക്കങ്ങൾ നമുക്ക് ഉന്നയിക്കാം പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരർത്ഥമില്ല എന്തുകൊണ്ട് ഏ അല്ല നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് എന്താണ് നിങ്ങളുടെ ഭാനത്തെ കുറിച്ചാണ് അല്ലെ നിങ്ങളുടെ ഭാരത്തെ നിങ്ങളെ എന്നെ കൂടെ ഉൾപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ ഞാനും അതേ ചെയ്യുന്നുള്ളൂ എന്റെ ഭാരത്തെയും കൂടെ ഉൾപ്പെടുത്തുന്നു കൂടുതലൊന്നും ഞാൻ ചെയ്തില്ല നമ്മള് പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് ഒറ്റയാളും കൂടെ ചെയ്യുന്നത് ശരിയാണ് മനസിലാവ് ഒരേ സമയത്തൊരു ഭാരമേ ഉള്ളൂ ഒരു കാലത്തിലൊരു ഭാരമേ ഉള്ളൂ ഞാൻ കാണുന്നു എന്റെ ഭാരത്തിൽ ചെയ്ത് നിലനിന്ന് ഒരു സമയം ഒരു ബാലം വേണം അപ്പൊ നിങ്ങൾ പറയുമ്പോ എന്താണ് അങ്ങനെ ഞങ്ങളും അല്ല എന്ന് പറഞ്ഞുണ്ട് അതൊക്കെ എന്റെ ഭാനത്തിലാണ് നിങ്ങൾ ഓരോരുത്തർ ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്റെ ഭാനത്തിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നു എന്റെ പ്രതീതിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ അവകാശപ്പെടുകയാണ് എന്താണോ ഇതൊക്കെ ഞങ്ങളുടെ ഭാരത്തിലെ ഞാൻ ഇരിക്കുന്നു എനിക്കൊരു പ്രയാസമുണ്ടേതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്റെ എന്റെ ഭാരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പം എന്റെ ഭാരത്തിൽ എന്ത് സംഭവിക്കാം നൂറ് പേരോ ആയിരം പേരോ ഈ പുസ്തകത്തെ കാണട്ടെ എന്താ പ്രശ്നം എന്റെ ഭാരത്തിലാണ് കാണുന്നത് എന്നുവെച്ചാൽ എൻ്റെ അറിവ് കൂടെ ഞാൻ തെറ്റിദ്രിക്കും നൂറ് പേരും കൂടെ ഇരിക്കുന്നതും നൂറ് പേര് കാണുന്നതും എന്താ നിങ്ങൾ എന്നോട് അറിവ് ചെയ്യുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൂടെ ഉണ്ടായിപ്പോട്ടെ എന്ന് പറയുന്നത് എവിടെ ഒതുങ്ങും എന്റെ അറിവിലൊതു ഒരു വ്യക്തി എന്ന് വെച്ചാൽ ആരാ ഞാനോ നിങ്ങളോ ഒരു വ്യക്തി ഞാൻ എന്റെ ഭാരത്തിലാണ് എല്ലാം പ്രപഞ്ചം എന്റെ ഭാരത്തിലാണെന്നിക്കുന്നത് നിങ്ങൾക്കും അത് ക്ലെയിം ചെയ്യാം എനിക്ക് വിരോധമൊന്നുമില്ല പിന്നെന്താ നമ്മുടെ തർക്കത്തിന്റെ ഒരു കാര്യമില്ല തർക്കിക്കേണ്ട ആവശ്യമില്ല എന്റെ ഭാരം ആണ് ഞാൻ എന്നെ സംബന്ധിച്ചത് എന്റെ ബോധം എന്റെ അറിവ് അതിനനുസരിച്ചല്ലേ എന്റെ എല്ലാം നടക്കുന്നത് എന്റെ എല്ലാ പ്രവർത്തികളും എന്റെ ചിന്തകളും എന്റെ ജീവിതവും എല്ലാ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെയല്ല ഞങ്ങളുടെയൊക്കെ വേണം കാരണം ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് ആരോട് പറയും ഇവിടെ ഇരിക്കാന്ന് വെച്ചാൽ എന്റെ ബോധത്തിലായിരിക്കുന്നത് എന്റെ ഭാരത്തിലാണ് നിങ്ങളുടെ ഇരിക്കുന്നത് ഏ അവിടെ ഇത്ര വ്യത്യാസമുണ്ട് അവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം ഇത് ശരിക്കും ബൗദ്ധന്മാരുടെ പ്രതീക്ഷ സുപ്പാകുന്ന ആശയം അത് ഭാഷകാരത്തിനോട്ടെടുത്തിട്ട് ഒരു ചെറിയ അതിൻ്റെ അധികം പുതിയ തോന്നി ഈ എന്റെ ബോധം എന്താണ് ചോദിക്കുന്നത് അവിടെ അവിടെ പറയും ഈ ഭാനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ ഞാനെല്ലാം ഗ്രഹിച്ചോണ്ടിരിക്കുന്ന ഈ ഭാനമാണ് ഇത് ആദിത്യേന്റെ കിരണങ്ങള് പോലെ ബോധത്തിൻ്റെ സ്ഫുരണങ്ങളാണ് ോധം തന്നെ സ്വീകരിക്കുന്നതാണ് തന്നെയാണ് ഞാൻ എന്റെ ബോധമെന്ന് പറയുന്നത് അവിടെ സ്ഥായിയായ ഒരു ബോധം ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ധ്വതി അത് സ്വീകരിക്കുന്നെങ്കിൽ ശൂന്യമാകും വിജ്ഞാനമാകുമല്ല അപ്പോ ഭക്ഷ്യകാരന്റെ ആ മോളിഫിക്കേഷൻ ഇവിടെ വരുത്തിയെന്ന് മനസ്സിലാ അപ്പോ ഒരു ആദിത്യ സ്ഫുരണം പോലും ആദിത്യ സ്ഫുരണം എന്ന് പറയുമ്പോൾ ആദിത്യം നമ്മൾ കാണുന്ന ഒരു എന്താണ് ഗോളമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നത് എന്നുവെച്ചാൽ ഒരു മാസ് ആകാശം അങ്ങനെയാണ് പക്ഷെ അതിന്റെ സ്ഫുരണം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വ്യാപിച്ചിരിക്കുന്നത് ഇതെല്ലാം അപ്പോൾ അവിടെ സ്ഥായിയായോ ഒന്നുണ്ട് ഇവിടെ വരുന്നതോ ഈ സ്ഫുരണങ്ങളെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുകയാണ് ഇവിടെ വരുന്ന നാണാമൂർജ്ജ രൂപങ്ങൾ പ്രകാശമായാലും ചൂടായാലും എന്ത് സംഭവിക്കുന്നു അതിന് രൂപാന്തരം വരിക അല്ലെങ്കിൽ പൂർവരൂപം നഷ്ടപ്പെട്ടു പക്ഷെ അവിടെ ഒരു എന്താണോ ഇതിനപേക്ഷിച്ച സ്ഥായി ഒന്നും അതിനെയും അപേക്ഷിച്ച് സ്ഥായിയായ ഒന്നോ എന്താണോ എവിടെ നിന്നാണോ എന്റെ ഉള്ളിലെ ബോധ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബോധസ്ഫുരണം ഉണ്ടാകുന്നു അതിലൂടെയും പറയും ഉപാധികൾ പല ഉപാധികൾ അടുത്ത് അടുത്ത പദ്ധ്യത്തിൽ പല ഉപാധികളെ കൊണ്ടുവന്ന് വരുന്നു ആദിത്യനൊരു ഭൗതിക വസ്തുവാണ് ഒരു ദൃഷ്ടാന്തമായിട്ട് മാത്രമേ അതിനടുത്താവൂ ആദിത്യനെ പോലെയാണോ അവിടെ എല്ലാം കൂടിയ ട്യൂഷനും ട്യൂഷനും നടക്കുന്നുണ്ടെന്നും ഉദാഹരണത്തിന് പറഞ്ഞാണ് പക്ഷെ അവിടെ ഒരു ഇതിനിച്ചൊരു സ്ഥിരതയുണ്ട് ഇവിടെ ഈ പ്രവാസം വ്യാപിച്ചു അതുപോലെ സ്ഥായിയായ ബോധത്തിൽ നിന്ന് തന്നെ സ്ഫുരണങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ പറയുകയാണെങ്കിൽ സ്പന്ദനവും നമുക്കാണെങ്കിൽ പറയാം നമ്മുടെ കണ്ണിൽ പതിയുന്ന സൂമിക കിരണങ്ങളെല്ലാം ആദ്യത്തിന്റെ സ്പന്ദനങ്ങൾ എന്ന് പറയാൻ അവർ തെറ്റുമില്ല പ്രാണസ്പന്ദനങ്ങൾ ഭാഷക്കാരും പറയും ഇത് നമുക്ക് ഉദാഹരണങ്ങൾ കൂടെ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റും അല്ല വേറെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേറെ വഴിയില്ലാത്ത അപ്പോൾ അദ്വൈതത്തിൻ തന്നെ എന്താണ് കുറച്ച് ഒരു നവീകരിച്ച രീതി പല പല കാര്യങ്ങളും വാദപ്രതിവാദത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ സമർപ്പിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും കൂടെ കോംപ്രമൈസ് ചെയ്യും ജന്മാന്തസ്യ സർവജ്ഞ സർവപ്നങ്ങളും ഉണ്ടായി അതുപോലെയുള്ള ആശയങ്ങൾ ഇവിടെയും വരും പക്ഷെ അടിസ്ഥാനപരമായി ഇവിടെ ഇതൊന്ന് സ്വീകരിക്കുകയാണ് ഇതിനാണ് പ്രാധാന്യം ഇവിടെയും പല രോഗങ്ങളും പല ജീവി വർഗങ്ങളും യക്ഷന്മാരും ഇല്ലാത്ത ഒന്നുമില്ല ഇതിനകത്തും എല്ലാം വരും അതെല്ലാം വരുമ്പോൾ തന്നെ ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ഭാനമാണ് നമ്മുടെ ഒരു അനുഭവമാണ് ബോധത്തിന്റെ സൃഷ്ടിയെന്ന് പറയത്തില്ല കാരണം സൃഷ്ടിയാണെന്ന് നിരീക്ഷിക്കുന്നു സൃഷ്ടിവാദികൾക്ക് ഇരിക്കുന്നൊന്നും കിട്ടത്തില്ല സൃഷ്ടിവാദി എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ ഒരു സർജന്റിന് ഒരു സുപ്രഭാതത്തിൽ സൂര്യനീ ചന്ദ്രനീ ഭൂമിയെ സൃഷ്ടിച്ച് എന്ന മനുഷ്യരെ സൃഷ്ടിച്ച് പക്ഷേ ഇവരെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ് സൃഷ്ടിവാദം ഡോട്ട് കോം അതിനും ഇവിടെ യാതൊരു ചാൻസുണ്ട് അങ്ങനെ ഒരു സൃഷ്ടിയേയില്ല എന്താണ് ഇതെല്ലാം പ്രതീലമാക്കും പ്രതീതിമാത്രം നമ്മുടെ അനുഭവം മാത്രം വളരെ അനായാസമായി മനസ്സിലാക്കാനും സുഖമായി ചിന്തിക്കാനും കഴിയുന്ന ഒരു കാര്യമാണ് അത് ഉൾക്കൊള്ളാമല്ലൊരു എന്താണ് ഒരു അറിവിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള തലക്കലും ഉണ്ടാകില്ല അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും അന്ന് മനസ്സും കാമപ്രവർത്തകം പിന്നെ അഹന്ത മമത ഇതൊക്കെ പരിഹരിച്ച് എന്തുവേണം പിന്നെ തത്വജ്ഞാനം അതേ ഭക്തി ലോകം ഒരു കാര്യവും ഇല്ല ഇതെല്ലാം എന്താണ് ബോധം ബോധത്തിൽ അറിവ് അതിൻ്റെ ഒരു മാത്രം ഒന്നിനോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല മറ്റുപഠിക്കേണ്ട കാര്യമില്ല എന്താണ് ഫ്രീ ആണ് ഫ്രീ സ്പേസിലും നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അതുപോലെയാണ് മനുഷ്യന്റെ ബോധത്തിലെല്ലാം സംഭവിച്ചുകൊണ്ടേ അതുപോലെയുള്ള ഉദാഹരണങ്ങൾ എന്താ പറയും ഗ്രഹതാരകങ്ങളും നക്ഷത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ബോധത്തിലെ പ്രതീതിയാണെങ്കിലല്ല അതിനപ്പുറം യാതൊരു മൂല്യമില്ല പ്രത്യേകിച്ച് ഒന്നിനും ഒരു മൂല്യമില്ല ബോധത്തിലെ പ്രതീതി മാത്രം അപ്പോൾ ഞാൻ എൻ്റെ ബോധത്തിലെ പ്രതീതിയാണ് നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ബോധത്തിലെ ഒരു പ്രതീതി ഞാൻ എല്ലാ വ്യവഹാരങ്ങളും ഇതിനകത്ത് നിൽക്കുന്നു മനസ്സിലാക്കാനുള്ളവരെ യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു യഥാ സർവാണി ഭൂതാളി യഥാർത്ഥം കൊണ്ട് അറിവിനേടും അത് ഏതൊന്നിലാണോ ഏതൊരു അറിവിലാണോ ഇതെല്ലാം ഇത് ഇതേ കാര്യം തന്നെ ഭാഷ്യത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു തർക്കങ്ങൾ ഉപയോഗിച്ച് ിക്കുന്നത് അപ്പൊ ഈ തർക്കജാലങ്ങളിലും യുക്തിജാലങ്ങളിലും ഒക്കെ നമ്മൾ കിടന്നിങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാ ഈ എസ് എൻസ് നഷ്ടപ്പെട്ടു അതാണ് സംഭവിച്ചത് ഇവിടെ അതിന്റെ എസ് മാത്രം പറയണ ഇതാണ് സംഭവം നിങ്ങൾ അങ്ങോട്ട് തർക്കത്തിനും യുക്തിയിൽ ഒന്നും പോയി കറങ്ങേണ്ട കാര്യം നിങ്ങളുടെ നിങ്ങൾ ഇതിനേക്കറിയുന്നുണ്ടോ ഇന്നത്തെ കുറിച്ചൊക്കെ ബോധമുണ്ടോ ഇത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ ആണെങ്കിൽ എന്തെല്ലാം ബോധത്തിലാണ് അതിനപ്പുറം ഇതൊന്നും കർത്താവും ഗേതു ഒന്നും അന്വേഷിക്കേണ്ട കാര്യം ബോധത്തിലാണ് എന്നാൽ പ്രതീകമായി ബോധത്തിലെല്ലാം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഗന്ധമോ വേണമെങ്കിൽ മോക്ഷമുണ്ടെല്ലാം നിങ്ങളുടെ ബോധത്തിലെന്ന് കർത്തിക്കാം ബോധത്തിൽ നിന്ന് നിരകരിക്കാം ഉണ്ടെന്ന് പറയുന്നതും എവിടെ നിങ്ങൾ എന്തിനുണ്ടെന്ന് പറഞ്ഞാലും അതാണ് പറയുന്നത് അവസാനം ഉപശമം യാതിയും ഇവിടെയൊക്കെ പറയുന്നത് എന്താണോ നമുക്ക് അനുഭവപ്പെടുന്നതെല്ലാം നമ്മുടെ അറിവുകൾ നിലനിൽക്കുന്നു ഇതിനകത്ത് നിഷേധിക്കൊന്നുമില്ല ധർമ്മത്തെ അധർമ്മത്തി നീതി അനീതി എല്ലാത്തിലൂടെ തുല്യസ്ഥാനമാണ് കർമ്മത്തിലും അകർമ്മത്തിലും ഒരേ സ്ഥാനം തന്നെ കർമ്മം ചെയ്യുന്നു കർമ്മം ചെയ്യാതിരിക്കും ഒന്നിനും പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല ചെയ്യുന്നതിനും പ്രത്യേകിച്ച് മഹത്വമില്ല ചെയ്യാതിരിക്കുന്നതിനും പ്രത്യേകിച്ച് മഹത്വില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് ലോകത്തെ നന്നാക്കിയാലും പ്രശ്നമില്ല നന്നാക്കി പ്രശ്നങ്ങളില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇത് ബോധത്തിലെ ഒരു പ്രതിഭാഗം മാത്രമാണ് ഭാനം ഉണ്ടടക്കെ ഭാസ്യമാണ് നമുക്ക് എന്തൊക്കെ അനുഭവപ്പെടുന്നതല്ല നമ്മളും നമ്മൾ നമ്മളെ അറിയുന്നുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച് നമ്മളും എന്താണോ ഒരു ഭാഷ ഇത് വളരെ കൃത്യമായി മലയാളത്തെ മനസ്സിലാക്കി രേഖപ്പെടുത്തിയിട്ടുള്ളത് നാരായണത്തിന് വേറെ ഉള്ളത് ഞാൻ പറയുന്നത് പക്ഷെ എത്ര ഭാനം എത്ര ഭാഷ ഭാനം എത്ര തത്തന്ന ഭാഷകളൊക്കെ അന്യനാകി വ്യതിരേ ചെയ്യണം ബോധ്യത അന്യ വ്യതിരേകളിലൂടെയെന്ന് മനസ്സിലാക്കാം ഇവിടെ ഭാനമുണ്ടോ അവിടെയും ഭാസ്യമുണ്ടോ നിങ്ങൾക്ക് എവിടെയാണോ എന്നൊക്കെ അറിവുള്ളത് എവിടെയാണെന്നുള്ളത് ഭാസ്യമായിരിക്കുന്ന പ്രപഞ്ചമാണ് ഇവിടെ ഭാനം ഇല്ലയോ നിങ്ങൾക്ക് എവിടെയാണോ ബോധമില്ലാതിരിക്കുന്നത് ഇവിടെ ഭാസ്യമുണ്ട് എവിടെയില്ല മൂർച്ഛ സൃഷ്ടി സമാധി നിങ്ങൾക്ക് ഭാനമില്ല ഭാസ്യമില്ല ഇത് നിങ്ങൾക്ക് അന്യ യുക്തിയിലൂടെയും മനസ്സിലാക്കും മലയാളത്തിൽ വേറെ രേഖപ്രീതിയെ വായിച്ചിട്ടുണ്ട് പറഞ്ഞവർ കാണും അത് വാസുക്ഷത്തിന്റെ ഒരു സ്വാധീനമാണ് അതുകൊണ്ടാണ് ഈ വാസന്റെ നമ്മുടെ ദർശനം പറഞ്ഞത് നമ്മുടെ മലയാളത്തിലെ ഈ ആചാര്യന്മാരെ എല്ലാം വളരെയധികം സ്വാധീനിച്ച ബന്ധമാണ് വാസുഷ്ടം മറ്റേതിനൊക്കെ അവിടെയൊക്കെ രചനകളിൽ ഈ വാസക്ഷത്തിന്റെ സ്വാധീനം മലയാളത്തിൽ വളരെ പഴയകാലത്ത് തർജ്ജിമയാണ് മുഴുവന് ആരും തർജ്ജമയായിട്ട് എനിക്ക് അറിയില്ല അതിന്റെ ആവശ്യമല്ല ഈ ആറായിരം പദ്യം ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത ആറായിരം ഈ ആ പറഞ്ഞ ഒരു കളിപ്പാട്ട് ഇതിന്റെ ഉണ്ട് ഇത് മാത്രമായിരിക്കും തറയ്ക്കുള്ളക്കുന്ന വേദാന്തരെ എത്ര പേരെയാണ് അവരത് കാലുറപ്പിച്ച നാടാണ് അവരത് തന്നെ എത്ര ഭാരം അത്ര ഭാസ് ഇത് തന്നെ ലഘു യോഗവാസം ാണ് ലഘു യോഗവാസം പിന്നെ ജ്ഞാന സെൻസി അദ്ദേഹം സംഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ വിശ്രയിക്കുന്നുണ്ട് പിന്നെ ബാലകൃഷ്ണനായ പിന്നെ ഒന്ന് എഴുതിയിരിക്കുന്നത് പരീക്ഷ തമ്പുരാന അങ്ങനെ കുറെ പേര് എഴുതിയിട്ടുണ്ട് അല്ലാതെ എഴുതിയിട്ടുണ്ട് പേര് ഞാൻ പറഞ്ഞു കഥ തീർച്ചയും അതിന് ഇതിന്റെ സ്വാധീനം ഇതിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇത് എന്നവതരിച്ചോ അതിനുശേഷം വന്ന എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും ഇതിന്റെ സ്വാധീനം എല്ലാ ഒരു തരത്തിലേ ദ്വൈതത്തെ പോലെ സ്വാധീനം അവരതിന്റെ ആ മുഖ്യമായ ആശയത്തെ സ്വീകരിക്കില്ലെന്ന് പക്ഷെ ഇരിക്കുന്നു പല കാര്യങ്ങളും അങ്ങോട്ട് പോകും അവര് നിഷേധിക്കാൻ വേണ്ടി എങ്കിലും ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി എങ്കിലും അതങ്ങനെയാണല്ലോ ഇതിന്റെ പഠനത്തിൽ കുറയുന്നത് സംസ്കൃതത്തിലും പ്രാകൃതത്തിലും ഭാര്യയിലും പ്രചരിച്ചിരുന്ന ഒരുപാട് ആശയം കഥകൾ അതെല്ലാം ഇതിന് ഉൾക്കൊണ്ടിട്ടുണ്ട് സ്വീകരിച്ചിരുന്നു അതിനകത്ത് നൂറുകണക്കിന് കഥകളുണ്ട് അതൊക്കെ വിദന്ധ കഥയെന്ന് തോന്നുന്ന കഥകൾ ഇത്തരം കഥകൾ ഇതിന് കടന്നു വരാൻ കാരണം അന്ന് ഇത്തരം കഥകൾ പ്രചരിച്ചിരുന്നു ആ കഥകളിങ്ങോട്ടെടുത്തിട്ട് തന്റെ ആശയത്തിനനുസരിച്ച് അവർ പരിഷ്കരിച്ചു അപ്പൊ ഇന്ന് നമുക്ക് വലിയ കഴമ്പ കൊണ്ടെന്ന് തോന്നാത്ത കഥ ഇതിൽ ഒരുപാട് കഥകളുണ്ട് പക്ഷെ അതിനെ ഈ ആശയം തുടങ്ങി പറയുന്ന ഭാനം എന്ന് പറയുന്ന ആശയത്തില് ഭാനം എന്ന് പറയുന്ന മുഖ്യമായ ആശയം അറിവുള്ള ഒരു പ്രതീതി മാത്രമാണ് ഇതുപോലെ തന്നെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ധാരാഷത്തോടിന്റെ മേഴ്സ്യൻ ഭാഷയിലുള്ള തരംഗയോടുകൂടി അപ്പത്തന്നെ ഇതിനു വലിയ പ്രചാരം കിട്ടി പാശ്ചാത്യ നാടകൾ അത് ഉൽക്കാലത്ത് അവിടെ വന്ന് തത്വചിന്തകന്മാരെ എല്ലാം അതുപോലെ ഇംഗ്ലീഷിലേക്ക് പോയി എല്ലാവരെയും സ്വാധീനിച്ചു ഇന്നും പാശ്ചാത്യ നാടുകളുടെ ഭൗതിക സ്വാതന്ത്ര്യന്മാരെ പലരും ഇതിന് പറയാണ് അവരിതിന്റെ സ്വാധീനം തുറന്ന് സമ്മതിക്കുന്നു പക്ഷെ ഇതിന്റെ സ്വാധീനമുണ്ട് മൊട്ടിവേഴ്സിന്ന് കുറുമ്പോൾ ഇതിനകത്തുള്ളതാണ് അതിനൊരു ശാസ്ത്രീയമായ അടിത്തറയിൽ തന്നെയുള്ളു ഇത് ഭാവനാത്മകമായി പറയാണ് ഇത് അതിന ഇതിന്റെ ഒരു ആശയം അതെങ്കിലും ഒരാശയം വരണമല്ലോ ഇതോ നമ്മുടെ ഭാരതീയർ പ്ലെയിൻ കണ്ടുപിടിച്ചു എന്ന അവകാശപ്പെടാൻ പറ്റില്ല അവരെന്തെയ്തു വിമാനം എന്ന് പറയുന്നവര് ആശയവർ കൊടുത്ത് ഭാവനയാണെന്ന് അതുപോലെ പല കാര്യങ്ങളും ലേറ്റസ്റ്റ് പറയുന്ന പദ്ധതി ഇല്യൂഷൻ ഡൽ ന്യൂറോ സയൻസിൽ പറയുന്ന ഇല്യൂഷൻ ഡൽ ലേറ്റ അതിലെല്ലാത്തിനും സ്വാധീനമുണ്ട് െന്ന് പറയുന്ന ആശയം തന്നെ കൊണ്ടുവരുന്നത് അത് ഇത്രയും പ്രചാരം ചെയ്യാൻ പറയുന്നത് ആശയം പണ്ടുകൂടെ ഉണ്ടായിരുന്നു ഗ്രീക്ക് ചിന്തയിപ്പ് വരും ഉണ്ടായിരുന്നു പക്ഷെ ഇത് ജനകീയമാക്കുക എന്നതാണ് ഒരുപാട് പേര് അത് ഒരുപാട് പേര് അറിയിച്ചത് ഈ ഒരു ഗ്രന്ഥമാണ് എന്തുകൊണ്ടത് എല്ലാവർക്കും വായിക്കാൻ പഠിക്കാം പരിഭാഷ ബുദ്ധൻ ഇതൊക്കെ അല്ലെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിന്റെ രീതിക്ക് വ്യത്യാസമുണ്ട് നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു ബ്രഹ്മം എന്ന് പറയുന്ന സ്വീകരിക്കും ഇതിൽ അത്യന്തം ചിതാകാശം സ്വീകരിക്കും സ്വീകരിക്കും അതൊന്നും അവിടെ സ്വീകരിക്കുക പക്ഷെ ബോധം ആരോട് അതിനെ സ്വീകരിക്കും വ്യത്യാസമൊന്നും നമ്മുടെ ബുദ്ധന് അദ്വീയവാദി അവരുടെ കോശത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് അദ്വൈവവാദി എന്നാണ് അരവിന്ദര് അദ്വൈതത്തെ പ്രകൃതി ശൂന്യതയിൽ ഇവിടെ ഒരു അദ്വൈതത്തെ അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം എന്താണ് കാലം കൊണ്ടുള്ള പരിണാമങ്ങൾ സംഭവിച്ചാണ് നമ്മളിതുവരെ എത്തിയിരിക്കുന്നത് അല്ല ആരെയും സ്വന്തമായിട്ടൊന്നുമില്ല അടുത്ത് തുടങ്ങുന്നതിനു മനസ്സിലാക്കും നമ്മുടെ ആരെയും സ്വന്തമായിട്ടൊന്നുമില്ല മനുഷ്യൻ തലമുറ തലമുറകളായി ചിന്തിച്ച് നമ്മുടെ കൈവെച്ച് വന്നത് നമ്മള് മോഷണം നടത്തിയിട്ട് നമ്മുടെ സ്വന്തം എന്ന് പറയുക അധികം നമ്മുടെ സ്വന്തമായിട്ടുള്ള തലമുറകളിലൂടെ കൈവന്നാണ് കൈമാറി വന്നത് തന്നെയാണ് എല്ലാവരും പരിഷ്കാരം സംഭവിച്ചിട്ടും കാലാനുസൃതമായി മാറ്റം സംഭവിച്ചിട്ടുണ്ട് സാമേഷസ്ഥൻ പറയുന്ന ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് ഇതൊക്കെ ബേസ്ഡ്ഡാണ് അവർക്കൊക്കെ കിട്ടിയ ആശയമുണ്ടെന്നാണ് അവർ പറയുന്നത് ഇത് ഇതിനെയും കൊണ്ടെത്തിക്കാൻ ശ്രമിക്കണം പക്ഷേ നടക്കുന്നുണ്ട് അവിടെയാണ് അതുപോലെ യഥസർവാണി ഭൂതാലി പ്രതിഭാവ് സ്ഥിതാനി ചോയി ഭാനം എന്ന് പറയുന്നതെന്നാണ് നമ്മുടെ പ്രപഞ്ചാനുഭവം അത് അപ്പം ഇത് ഇത് നിൽക്കുന്നതേയുള്ളൂ പ്രപഞ്ചവും വേണ്ടി പക്ഷെ അവിടെ ചോദ്യമില്ല അത് ഗാനം എന്ന് പറയുന്ന നമ്മുടെ അതിനെ വിലയില്ലാതെ അങ്ങനെ അല്ലല്ലോ നമ്മുടെ അനുഭവത്തിലെന്താണ് ഈ നമ്മൾ അറിയുന്ന ഓരോന്നിനും അതിൻ്റെതായ സ്വന്തമായ നിലനിൽപ്പാണ് നമ്മൾ ഇതൊരു പ്രതീകന്ന് പറയുമ്പോ വെറും പ്രതീക വെറും പ്രതീക സ്വപ്നം പോലെ ഒരു നില നമുക്കില്ലാത്ത പ്രതീകന്ന് പറഞ്ഞാൽ അങ്ങനെ ശെരിയാവും അങ്ങനല്ല നമ്മുടെ അനുഭവം വെറും പ്രതീക സ്വപ്നം പോലെ നമ്മുടെ ഈ ഉണർന്നിലെന്ന് അറിയുന്ന ജഗത്ത് സ്വപ്നം പോലെ നമ്മളറിയ കാരണം സ്വപ്നത്തെ നമുക്ക് അതില്ലാത്തതാണെന്നറിയാനൊരവസരവും ഈ അനുഭവത്തിനോ ഇല്ലാത്താണെന്നറിയാൻ ഒരു അവസരം ഇതുണ്ടെന്നറിയാനേ അവസരം ഇതെവിടെ ഇല്ലാത്ത അറിയാൻ പറ്റുന്നില്ലെന്ന് അപ്പൊ ഇവിടെ പല വിഷയങ്ങളുണ്ട് സ്ഥായിത്വം സ്ഥിരത ഉമ്മ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നിങ്ങളേത് പ്രീതി ഇത് വന്ന് കാണാൻ ശരിയാകുള്ളൂ നിങ്ങളുടെ സ്വപ്നത്തെ സംബന്ധിച്ച് നിങ്ങളെടുത്ത് കാണിക്കുന്ന ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ശരിയാകും ഒരു പ്രതീതിയാണ് അപ്പൊ അത് ഇത് സമ്മർദ്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷകാരൻ ഒരുപാട് യത്നിക്കുന്ന അനന്യത്വം യുക്തിയും അല്ലെങ്കിലൊക്കെ ഉപയോഗിച്ച് ബ്രഹ്മസൂത്രത്തിലെ അധികരണങ്ങളെല്ലാം ഉപയോഗിക്കും ഇതിനു വേണ്ടി ഇവിടെ പറയുന്നത് എന്താണ് യഥസ്തിത്വം അപ്പോ ഏതൊരറിവിലാണോ ഈ പ്രതീതി ഉണ്ടാകുന്നത് ആ അറിവിൽ തന്നെയാണ് അസ്തിത്വം സിമ്പിളായി പറയുന്നത് പ്രപഞ്ച അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ് അറിവിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് തർക്കം തീർന്നല്ലോ അറിവെന്ന് പറയുന്നത് പ്രതീതി എന്ന് പറയുന്നത് അസ്തിവശൂന്യമായെന്നല്ല പറയും അങ്ങനെയുള്ള പറയും അറിവിനൊരസ്തിത്വം ഉണ്ട് അത് അറിവ് തന്നെയാണ് അറിവ് അസ്തിത്വ സ്വരൂപമാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കേട്ടിട്ട് ഓർമ്മ അപ്പോ ജാഗ്രതയുടെ പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ ഇവിടെ അസ്തിത്വം അനുഭവിക്കുന്നു ഉമ്മ അനുഭവിക്കുന്നു ഇത് വസ്തുവാണ് ഇത് ഞാനും നീയും അന്യനും എല്ലാം അസത്യമാണ് എന്നും അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനും നിഷേധിക്കുന്നില്ല പ്രതീതി എന്ന് പറയുമ്പോൾ അതിനും നിഷേധിക്കുന്നില്ല എന്നുകൊണ്ട് പ്രതീതി അറിവാണെങ്കിൽ അറിവ് അതാണ് അനുഭവിക്കുന്നത് അത് അറിവിന്റെ സ്വരൂപമാണ് അപ്പോ അറിവിന്റെ സ്വരൂപത്തിൽ പ്രപഞ്ചം പ്രതീതമാകുന്നതുകൊണ്ട് ഈ പ്രപഞ്ചാനുഭവവും നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് അറിയുന്നത് അതിലൊരു തെറ്റുമില്ല പ്രപഞ്ച സത്യമാണ് എന്നുള്ള നമ്മുടെ അനുഭവത്തിൽ നിഷേധിക്കേണ്ട കാര്യം അറിവ് സത്യമാണെങ്കിലും പ്രപഞ്ചവും സത്യമാണ് അത് പക്ഷെ അറിയുന്നറിവിന്റെ സത്യത്വമാണ് എന്ന് മനസ്സിലാക്കും അപ്പൊ ആ പ്രശ്നം പരിഹരിച്ചു അപ്പോ ഭാസ്യമായിരിക്കുന്ന മാനത്തിന് വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഇത് പ്രതീത്യ സമുപാദമാണെന്നാണ് നമ്മൾ പറയുന്നത് പ്രക്വദന്മാരുടെ ഭാഷ അനുഭവിക്കുന്നതുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ിൽ സത്യം ഉണ്ടെന്ന് പറയുന്നു അനുഭവത്തിൽ സത്യമുണ്ട് അതുകൊണ്ട് അവിടെയാണ് ഭൗതിന്മാരുമായിട്ടുള്ള അനുഭവത്തിന്റെ സത്യത്വ സ്ഥായിയായി സ്വീകരിക്കുന്നത് ആ സത്യത്വം ക്ഷണിക്കുന്ന ഇവിടെ പറയും നല്ലത ആ അനുഭവ തർക്കമാണ് ഒരിക്കലും അവസാനിക്കാത്ത തർക്കത്തിലൂടെ ഒരു തീരുമാനം അതുകൊണ്ട് നമ്മുടെ തർക്കത്തിൻ്റെ വയസ്സിലേക്ക് അവിടെ നിങ്ങളുടെ അനുഭവത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക ഓരോരുത്തർ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക പ്രപഞ്ചത്തിൽ നിങ്ങളുടെ അനുഭവമാണോ ആണ് അനുഭവത്തിനപ്പുറം ഒരു പ്രപഞ്ചത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ഗാലക്സികളൊക്കെ പോയി അന്വേഷിക്കും പ്രപഞ്ചത്തെ നോൺ യൂണിവേഴ്സ് പ്രകാശനക്ഷം വ്യാപിച്ചു വിളങ്ങുന്നതാണ് എത്ര വ്യാപിച്ചു കിടക്കുന്നത് നിങ്ങൾ പ്രപഞ്ചത്തെ അറിയുന്നുണ്ടോ അറിഞ്ഞാ നിങ്ങളുടെ അറിവില്ല എന്നൊക്കെ എന്നി പറയുന്നു യൂണിവേഴ്സ് അതിനെങ്ങും അറിയുന്നില്ലെങ്കിലും നിങ്ങളുടെ അറിവിൽ തന്നെയാണ് അറിവില്ലായ്മ അറിവില്ലായ്മ എനിക്ക് പോലും ചിലപ്പോൾ അറിവിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല അറിവിൽ നിന്ന് പുറത്തിയാൽ അറിവ് കഴിക്കും ോണും അോണും രണ്ടും ഇവിടെ നയിക്കുന്നു അറിവിന്റെ നയിക്കുന്നു അതിന്റെ പുറത്തേക്കാണ് ഇവർക്ക് അടിയത് അപ്പോ അറിവ് എന്താണ് അറിവിന്റെ അസ്തിത്വമാണ് അറിവില്ലാന്ന് പറയുന്നത് അറിവിന്റെ അസ്തിത്വത്തെയാണ് ഇവർ സർവത്ര അറിയുന്നത് ആ അറിവിന്റെ എന്താണ് ഇല്ലായ്മേനും നിങ്ങൾക്കറിയപ്പെട്ടില്ല എല്ലായ്മയും നിങ്ങളറിയുന്നു സത്യമായിട്ട് ഞാൻ പറയുന്നില്ല എല്ലാ നിങ്ങൾ സത്യത്തെ കൊണ്ടാണ് ഇടുക അവിടെയുണ്ട് ഈ അസ്ത്യ ബന്ധമുണ്ട് അതും നിങ്ങളുടെ അറിവിനറിയറിന്റെ ആ വ്യാപകത്തെ നിങ്ങളിവിടെ അറിവിന്റെ വ്യാപകത എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങളീ പറയുന്ന പ്രകാശലക്ഷം വ്യാപിച്ചു കിടക്കുന്ന പ്രപഞ്ചത്തെ കുറിച്ചല്ല നിങ്ങളറിയും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അറിയുന്നു അവിടെ പുറമൊന്നുമില്ല എല്ലാം അറിയും ബ്ലാക്ക് മാറ്റം ബ്ലാക്ക് എല്ലാവർക്കും എല്ലാം അറിയും ഇതൊക്കെ എവിടെ നിൽക്കുന്നു ആത്യന്തികമായിട്ട് നിങ്ങളുടെ അറിവുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളറിവുണ്ട് അറിവുണ്ടോ ഇപ്പോ അറിവിനെ ആശ്രയിച്ച് അത് ഇല്ല എന്നാണെന്നാണ് പറയാനുള്ളത് ശരി എന്റെ അറിവിനെ ആശ്രയിച്ചാൽ ഇല്ലായ്മ നിൽക്കും പക്ഷെ ഇല്ലായ്മ നിൽക്കാനൊരാശ്രയം വേണം അതാറ് പതൊമ്പതാണ് അറിവിനെ ആശ്രയിച്ചാണെങ്കിൽ എന്തും അസ്ഥി നാസ്തി എന്ന് ഈ രണ്ടനുഭവങ്ങളും എന്താണോ അറിയുന്ന സ്വീ അതുകൊണ്ട് സ്ഥിതി എന്ന് പറയുന്നത് അസ്തിത്വം അതിനെ സ്വീകരിച്ചുകൊണ്ട് ഭാരത്തെ നിക്ഷേപിക്കാൻ പറ്റില്ല എന്ന് പറയും സ്ഥിതി അംഗീകരിച്ചു കഴിഞ്ഞാലും ഭാരത്തെ സ്വീകരിച്ചാലും പറ്റുകയാണ് ഭാരത്തിലാണ് ഭാരത്തിലാണ് സത്ത ഭാരത്തിലാണ് ജനാകൃത്ത് അറിവിനാണ് അപ്പൊ ഈ അറിവ് നഷ്ടപ്പെട്ടു പോയാൽ ഒരു പ്രശ്നമുണ്ട് ഈ അറിവ് നഷ്ടപ്പെടാൻ തലക്കെട്ട് നല്ലതൊന്നും ഉപശ അടുത്ത് എത്രയോ ഉപശമം യാണ്ടി ഉപശമിക്കുന്ന അറിയിൽ ഇതിന്റെ അനുഭവം ഇല്ലാതാകുന്നതും ഇവിടെ തന്നെ അറിവിൽ തന്നെ അപ്പോ ആ എന്ന് പറയുന്നത് സ്ഥായി ഹിന്ദുക്കശമത്തിൽ കാരണം ഈ നമ്മുടെ പ്രപഞ്ച നിലനിർത്തുന്ന ഈ ബോധം ആ ബോധത്തിലും ഒരു ോചമുണ്ട് ഇവിടെ അത് അംഗീകരിക്കുന്നുണ്ട് സ്പന്തവും അസ്പന്ദവും രണ്ടും ഒക്കെ ആ സ്പന്ത അസ്പോൾ കാശ്മീരി ശരീഷ്യത്തിൽ വന്നതാണ് സ്പന്തോധത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു വികാസം അതെ ആ ബോധത്തിന്റെ ഒരു വികാസം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അനുഭവിക്കുന്നു അതിന്റെ ഒരു സങ്കോചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതീക്ഷിക്കൊന്നുമില്ല സുഹൃത്തി പോലെ അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ആ ബോധത്തിന്റെ ഒരു സങ്കോചം അപ്പോ എല്ലാം ചെയ്യുന്നു ഉപശമിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ പ്രപഞ്ച് ബന്ധങ്ങൾ ആരെങ്കിലും ഉണ്ടോ അത് ഞാൻ മാത്രമേ ഉള്ളു അവിടത്തിന്റെ ശത്രുല്ല മിത്രമില്ല ഗുരുവില്ല ശിഷ്യനില്ല പ്രശ്നങ്ങളില്ല പരിഹാരങ്ങളില്ല സർവം ഉപശമിക്കുന്നു ബന്ധമില്ല മോക്ഷമില്ല ഇതെല്ലാം ഉപശമിച്ച് കഴിഞ്ഞാൽ പിന്നെ ബന്ധം മോട്ടോ വെറുതെ കൂടെ ആവശ്യമുള്ള തലമുത്തി പറയുന്നത് മോക്ഷം മോക്ഷം മണ്ടത്തരോണം കാണിക്കുന്ന എന്തുകൊണ്ട് ഇതെല്ലാം ഉപശമിക്കുന്നതാണ് ഏ സ്ഥം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വികസിക്കുന്നു പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു അസ്പന്ദമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നു എങ്ങനെയാണ് വികസിച്ചതിൻ്റെ നേരെ വിപരീതമായി ചുരുങ്ങുന്നു ആ വികസിച്ച് വരുന്നതിന് ഭാരമെന്ന് പറയുന്നു അത് ചുരുങ്ങുന്നതിനും ഉപശമിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ ഇനി വരും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ പറയുകയാണ് ഒരു സമാധാനം കിട്ടുന്ന ാണ് ഇതി പറയുന്നത് പിന്നെ ഈ കഥകൾ പറഞ്ഞു പറഞ്ഞു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അല്പം പക്ഷേ ഈ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലാണീ പറയുന്ന കാര്യങ്ങളും സ്പന്ദവും അസ്പന്ദവുമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കാര്യം വളരെ എളുപ്പമാണ് ഇത് തന്നെയാണ് എന്താ സംശയം പറയു നിന്നിൽ അസ്പന്തോ എന്ന് പറയുന്നത് അസന്തതാന്ന് പറയുന്നത് അല്ലാതെ പ്രാർത്ഥന രൂപത്തി എഴുതിയിരിക്കുന്നു ഞാൻ പറയുന്നത് മലയാളത്തിൽ നിന്ന് മനസ്സിലാക്കി രേഖപ്പെടുത്തിയ ഒരേ ഒരാളും വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലാക്കിയിട്ട് കാണുമായി എല്ലാം നിക്കുന്ന എവിടെയാണ് അറിവിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് അറിവിന്റെ വിവാസം അസ്പന്താണ് അതിന്റെ സംഭവം വളരെ ലളിതമായി ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മപയോഗിക്കുന്നത് ഇനി ശങ്കരാർ ആയിട്ട് യോജിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല കാരണം പക്ഷുകാരൻ എന്താ പറയുന്നത് ഉണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കാം സ്വാഭാവികമായി എന്ത് പ്രക്രിയയും ഉപാധിയും കൂടെ പറയാം പക്ഷെ ആ രീതിയിൽ വിശദീകരിക്കുമ്പോൾ നമുക്ക് തിളക്കണോ ഉണ്ടാവും തലക്കുകനോ ഇതങ്ങനെയല്ല ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു എന്താണ് ഒരു ആശയം എനിക്ക് തരികയാണ് തലയ്ക്കകത്ത് ഭാരണ ഉണ്ടാക്കുന്നത് തലയ്ക്കകത്ത് വെളിച്ചം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ കാര്യങ്ങൾ പലയിടത്ത് വന്നിട്ടുണ്ട് ഞാൻ കഥകളിലൂടെ അവർക്കാനുള്ള രസമാണ് അതുകൊണ്ട് ഇത് പറയുന്നത് എന്താണ് ഒരു പ്രതിഭാനം ഉണ്ടെങ്കിൽ അതിന്റെ ഉപശമുണ്ടാകും എല്ലാ സൃഷ്ടി സ്ഥിതി സംഭാരവും ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒന്നാണോ നമ്മുടെ അസ്തിത്വ അനുഭവം അതാണ് മധ്യത്തിൽ പറഞ്ഞതാണോ അസ്തിലോചിച്ച വേറൊരു കാര്യം പ്രത്യേകം പറയും നാളത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ മറന്നു വരും അവിടെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ് ഏ ആ അവിടെ സിനിമ നാരായണയാണ് സംഗതി ഇതെല്ലാം കൺക്യൂഷ്യൻ ആക്കിയിരിക്കും അത് അത് വേ ഇതറേ അങ്ങനെ അതും നമ്മൾ ആസ്വദിക്കണ ഇതും ഇത് രണ്ടിനും ഒരേ കഴിവ് വേണം എന്നാ മനസ്സിലാക്കും ഞാൻ പറഞ്ഞിരുന്നു ഒന്നും അസ്ഥിപ്പിടിക്കരുത് അസ്ഥിപ്പിടിക്കുന്നുണ്ടാണ് പ്രശ്നം പിടിക്കാമെന്നൊക്കെ പറയുന്ന മലയാളത്തിൻ്റെ ഒരു ശൈലിയാണ് മലയാളം ചോദിച്ച് മനസ്സിലാക്കുക അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് ഒന്ന് ഭാനം എന്ന് പറയുന്നത് ആണ് പ്രപഞ്ചാനുഭവം പിന്നെ അത് സംഭവിക്കുന്നത് നേരെ വിപുലീയമായി സംഭവിക്കുന്നു ആ ഭാരത്തിന്റെ ഉപശമം ഉപശമെന്ന് പറഞ്ഞു പിന്നെ അവിടെ തീർന്നു ചർച്ചയില്ല പിന്നെ അവിടെ നോക്ക് പ്രപഞ്ചത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട യാതാവശ്യമില്ല തന്നെ കുറിച്ചും അവിടെ ചർച്ചയില്ല അവിടെ ഉപശമത്തിനും ഉണ്ടാ തന്നെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല താനാരാണ് താൻ ഇപ്പം ബദ്ധനാണോ മുക്തനാണോ വഴിക്ക് പോണം എവിടെ ചെന്ന് എന്ന് ചേർന്നു ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ആവശ്യമില്ല സുഷുപ്തയെക്കുറിച്ച് ഇവിടെ വരുന്ന കാഴ്ചപ്പാട് യോഗത്തിന്റെ രീതിയാണ് ഭക്ഷ്യകാരം പറയുന്ന രീതിയല്ല എന്നാലും അവിടെ ഉപശമം എന്ന് പറയുന്നത് സ്വീകരിക്കാം എന്തായാലും ഒരു ഉപശമം അവിടെ ഉണ്ടല്ലോ ഉപശമത്തിന് ശേഷം നടക്കുന്നു എന്നുള്ള കാര്യം കയറി അപ്പോ ഇവിടെ യോഗത്തെ സ്വീകരിക്കുന്നു പിന്നെ ഈ ഉപശമത്തിനൊക്കെ വിപുലമായ കാരണം ഇതിപ്പോ എന്താണ് ഇതിനെ നമുക്ക് ആശയപരമായി മനസ്സിലാക്കി തരുകയാണ് ഇതിന്റെ ആശയത്തെ നമുക്ക് മനസ്സിലാക്കി ഇതാണ് ഇതിന്റെ ആശയം ഇനി ഈ ആശയത്തിന് നമ്മളിങ്ങനെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ നമുക്ക് ബോധപൂർവമായി ഇങ്ങനെ ഈ ഉപശമത്തെ ഉപശമത്തിൽ എത്തിച്ചേരണം അതിനു വഴിയുണ്ട് അതാണ് വാസൃഷ്ടത്തിന്റെ പ്രത്യേകത അതാണ് ശുഭേചാമെന്ന് പറയുന്ന കാര്യം അവിടെ പറയുന്നത് ബ്രഹ്മവിപ്പു വരിഷ്ഠൻ്റെ അല്ലെങ്കിൽ തിരിയൊക്ക അവിടെ പൂർണ്ണമായ ഉപശമ സംഭവിക്കണം അപ്പോ എന്താണ് ഒരു ആശയപരമായി തന്നെ ഉൾക്കൊള്ളുന്നതാണ് അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് റിയുക ആശയപരമായിട്ടുള്ള എന്ന് പറയുന്നതോ പിന്നെ അടുത്ത് ഇതിന് നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഈ പറയുന്ന തിരയുക അല്ലെങ്കിൽ ഉപശമം ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലെത്തി ശരിക്കുക അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഉണർന്നിരുന്നുകൊണ്ട് ഉറക്കത്തെ കുറിച്ച് എത്രയൊക്കെ പ്രസംഗിച്ചാൽ നമുക്ക് കാര്യമില്ലല്ലോ ഉറങ്ങണ്ടേ ഉറക്കത്തെ കുറിച്ച് വർണ്ണിച്ചത് കാര്യമില്ല ഞാൻ ഉറങ്ങണം ആ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ് അതായത് ഇത് ഒരു ഭാരമാണെങ്കിലും ഇതിൻ്റെ ഒരു വശമ സംഭവിക്കണം അല്ലാതെ ഈ ജാഗ്രത എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു അനുഭവമാണെങ്കിലും നേരെ വിപരീതമായി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം ഞാനത് ആശയപരമായി മനസ്സിലാക്കുന്നു സുഹൃത്വമുണ്ട് പക്ഷേ എനിക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി കഷ്ടമാണോ അതാണ് വാസ്തുഷ്ടി പറയുന്നത് എന്താണ് ഇത് ഭാനമാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റുമെങ്കിൽ ആശയപരമായി ഉപശമെന്ന് പറയുന്നത് അടുത്തും എത്തിച്ചേരും അങ്ങനെ ഒരവസ്ഥയുണ്ട് സുഷൃപ്തോ അത് തന്നെ അത് പറഞ്ഞത് ഇത് മാണ്ഡിപ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോ അതിനെക്കുറിച്ച് ഇനി പറയുമ്പോ ആ നിർബന്ധമാണെന്ന് പറയലേ അത് പറയലേ ആ നിർബന്ധമാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ വിഷമിച്ചു പോലെ എന്തുകൊണ്ട് ഏർ നിങ്ങളെ കൊണ്ടും നടക്കുന്നതായിരിക്കും എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടൊക്കെ നടക്കുന്നതായിരിക്കും നിങ്ങളാരുള്ളിയണ ബുദ്ധിമുട്ടിയപ്പോ അത് പറയുന്നില്ല അത് വളരെ മനോഹരമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥാന്തരം നിർബന്ധമെന്ന് പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരവസ്ഥ അതാണ് പുതിയതാ അല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ ജാഗ്രതയിൽ ഇരുന്ന ഈ ആശയത്തെ ഗ്രഹിച്ച് എന്താവുന്നു ജനഗണപതി അങ്ങനെയല്ല അതുകൊണ്ടാണ് നമ്മുടെ സന്യാസം നിഷന്ധമില്ലാത്തത് അപ്പൊ ബാഹ്യമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനാധാന്യം വരുന്നത് ബാഹ്യമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലും പ്രാധാന്യമുണ്ട് അത് ഏതിന്റെ തരത്തില് ധർമ്മം അധർമ്മം നീതി അനീതി ഇങ്ങനെയുള്ള ധാർമ്മികതയേണ്ട തരത്തിലതിന് പ്രാധാന്യമുണ്ട് ബാഹ്യമായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവിടെ പ്രാധാന്യമുണ്ട് തോന്നിയത് ചെയ്യാൻ പാടില്ല ഈ ആത്മീയമായ അറിവിന്റെ വളത്തിൽ ബാഹ്യമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊന്നതിന് പ്രാധാന്യമില്ല എന്ന് വെച്ചാൽ കമ്മി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഫ്രീ ആണ് അപ്പൊ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപോലെ അവിടെയാണ് ഭാഷ്യകാരൻ ഉണ്ടെന്ന് വരുന്നത് പ്രധാനമായ വ്യത്യാസം ഞാൻ പറഞ്ഞു ഒന്നോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറന്നിട്ട് പറയുകയാണ് അതിന്റെ വേണ്ടി പറയുകയാണ് അപ്പൊ അവിടെ യുപശമെന്ന് പറയുന്നത് എന്താണ് ഉപശമെന്ന് പറയുന്നത് ഇതെല്ലാം ബോധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇത് ബോധിച്ചിരുന്നാലും എന്താണോ ഒരാൾക്ക് ഉപശമി അന്തശീ അങ്ങനെ ഒരു ഭാഗം ഇതെവിടെയും ഭാഷയാരൻ പറയുന്നുണ്ട് ഒരു അന്തശീതളതയെക്കുറിച്ച് ഉള്ളിന്റെ ഒരു തണുപ്പ് അത് തണുപ്പ് ചൂടുള്ള സമയത്തൊരു തണുപ്പ് മനുഷ്യനിങ്ങനെ സംസാരത്തിൽ തിരുത്തിരിക്കരുത് ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മുടെ ഈ ടെൻഷൻ ജീവിതത്തിൽ ഉള്ള കാര്യം മറന്നിട്ടുണ്ട് വർത്തമാനം പറയൻ ഏതാ ഞാൻ പറയട്ടെ അതുവരെ അപ്പൊ ഈ ടെൻഷനെന്ന് പറയുന്ന ആ ഈ ടെൻഷന്റെ കാര്യത്തിൽ ആത്മീയം എന്നുള്ള വ്യത്യാസമുണ്ട് ഭൗതികവാദിയെന്ന് പറഞ്ഞ എന്താണോ ആ ടെൻഷനെ അംഗീകരിക്കുന്നത് ആത്മീയവാദി എന്ന് പറയുന്നത് ടെൻഷൻ ഇല്ലാന്ന് അഭിനയിക്കുന്നു ഈ വ്യത്യാസം വേറെ വ്യത്യാസമൊന്നും അപ്പൊ അവിടെ ഇവിടെ അദ്ദേഹം പറയുന്നത് ആരാളെ എഴുതി വച്ചതെന്ന് അറിയത്തില്ല അദ്ദേഹം പറയുന്നു ഈ ചൂടൻ എന്താണ് സംസാരത്തെയും ഉള്ളിലെടുത്തണുപ്പ് ഒരു റിലാക്സേഷൻ അത് എന്നെ ചുതിയ കാര്യമില്ല അതാണ് ഉപശമം ഉള്ളിന്റെ ഒരുപശമവും നടക്കും എന്ന് പറയുന്നു അത് കൃതകൃത്യത എന്ന് പറയുമ്പോൾ അത് അതിന്റെ വേറെ വ്യാഖ്യാനമായി അത് കർമ്മവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ് അന്ധശീതലത പറയുമ്പോൾ എന്താണ് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ അത് പ്രമാണസിദ്ധമായൊരു കാര്യമാണ് അന്ധശീതലത എന്ന് പറയുന്നത് എന്താണ് വ്യത്യാസം രണ്ടും വ്യത്യാസം അതെന്ന് പറയുന്നത് വാസിഷ്ഠ സംബന്ധിച്ചുള്ള പ്രാധാന്യം എന്താണ് വ്യക്തിനിഷ്ഠമായ അനുഭവം ആത്മീയത എന്ന് പറയുന്നത് വ്യക്തിനിഷ്ടമായ അനുഭവത്തിന് അപ്രാധാന്യം ഒന്നുമില്ല ബാക്കി പറയുന്നത് അവർക്ക് കളം പറയുന്ന കാര്യങ്ങളും അതൊക്കെ വ്യക്തിനിഷ്ഠമായ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അത് അതേയുള്ളൂ ആത്മീയതയെന്ന് പറയും നിങ്ങൾക്ക് വ്യക്തിനിഷ്ടമായൊരു പ്രയോജനമില്ലേ പിന്നെ അവിടെ ആത്മീയതയൊന്നും പറയും ഒരു കാര്യം അപ്പൊ ഉപശമം തന്നെ ഇവിടെ വ്യാഖ്യാപിക്കുന്നത് വളരെ വിശദമായിട്ടാണ് ഇത് പറയാനുള്ള കാര്യങ്ങൾ എല്ലാ സീക്രട്ടും ഞാൻ പൊളിക്കുകയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ ഒരാളെ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ നിർത്തിക്കളയാ